എന്റെ ജനതയെ നിങ്ങളുടെ രക്ഷിതാവിനോട് നിങ്ങൾ പാപമോചനം തേടുക പിന്നീട് അവനിലേക്ക് മടങ്ങുക എങ്കിൽ അവൻ നിങ്ങൾക്ക് ആകാശത്തുനിന്ന് സമൃദ്ധമായി മഴ വർഷിക്കും നിങ്ങളുടെ ശക്തിക്കു ശക്തി അവൻ നിങ്ങൾക്ക് നൽകുകയും ചെയ്യും നിങ്ങൾ കുറ്റവാളികളായി തുടരുകയും വേണ്ട